ധരവോദകം ആസീ ദഗ്GRE അസദേരം ധംഭവനം സ്വപ്നവത്പനം സ്വസന്ത് സർവോമി സംഗത്മാത്രയേന പരിണാമസ്വരം ധംഭവനം അഗ്GRE അസത് ഏവപാസി പുനഃ പരമേശ്വര സങ്കൽപ്പമാത്രേണവത് സർ ഇതം ഭുവനം ഈ ലോകം അഗ്രേ ണയകാലത്തിൽ അസദൈവസുസത് തന്നെയായിരുന്നു ആ വീണ്ടും പരമേശ്വര ഈശ്വരൻ സങ്കൽപ്പമാത്രേണ കേൽപ്പം സ്വപ്നവസർഗ സ്വപ്നത്തെ എന്ന പോലെ സ്വസർജ സൃഷ്ടിച്ചു ഇതിനകത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നെന്താണ് ോകം ഇന്നിട്ടനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം ലോകം ഒരു പ്രളയം കഴിഞ്ഞുണ്ടായതാണ് എവിടെയും പറയുന്നത് സൃഷ്ടി അനാദിയാണ് സൃഷ്ടി അനാദിയായതുകൊണ്ട് ഈ സെറ്റ് മുമ്പ് സീകൃതി മുമ്പെന്ന് പറയുമ്പോൾ പ്രളയകാലം മുമ്പ് അഗ്രഹം അത് മനസ്സിലാക്കണമെങ്കിൽ കുഴപ്പമാണ് എന്തുകൊണ്ട് സൃഷ്ടിക്ക് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിക്ക് തുടക്കമുണ്ടെന്ന് സൃഷ്ടിക്ക് മുമ്പിൽ ഇത് സുട്ടിക്ക് തുടക്കം ഉണ്ടാവില്ല ചുറ്റിക്ക് കൊണ്ടു പറയാന് ചിട്ടിക്ക് തുടക്കമില്ല അനാദിയാണ് അറിവില് അനാദിയേതായി നടന്നിടുന്ന തിരുവിളയാടലറിന്റെ അറിവില് അനാദിയായി സംഭവിക്കുന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നാണ് തുടക്കങ്ങൾ പക്ഷെ തുടക്കം എന്ന് പറഞ്ഞു തുടക്കം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സി ൊരു അവസാനം ഉണ്ട് ഇതിന് തുടക്കമുണ്ട് തുടക്കം മുതൽ അവസാനം തന്നെയുള്ള ഇനിയെന്ന് പറയുന്നത് കൽപ്പം ഒരു കൽപ്പം ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രളയം പ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കമല്ല ഒരു ഈ സൃഷ്ടി പ്രകടമാകാതിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെ പ്രളയം എന്ന് പറയുന്നത് ഈ സൃഷ്ടി നയിച്ചിരിക്കുന്ന ഒരവസ്ഥ ഒന്നും പ്രകടമാണ് ബ്രഹ്മമല്ലാതെ ഒന്നും പ്രകടമാവുന്ന ഒന്നിനെ അറിയാനൊരാളുണ്ട് ആർക്കും അറിയാനും ഒന്നുമില്ല ബ്രഹ്മം മാത്രം ബാക്കിയെല്ലാം ലേച്ചുണ്ട് ഏത് പോലെ തുറക്കുമ്പോൾ തുറക്കത്തിൽ നിന്നാണ് ഈ ആശയം വന്നത് മനുഷ്യന് എല്ലാ ദിവസവും ഉറങ്ങുന്നു ഉറങ്ങുമ്പോ എന്താണെന്ന് ഒന്നും അറിയുന്ന ഒരുത്തനുമില്ല അറിയാൻ വസ്തുക്കളുമില്ല ഇത് വെച്ചിട്ട് മനുഷ്യൻ ചിന്തിച്ചാണ് പഴയ കാലത്ത് അങ്ങനെയാണെങ്കിൽ ഇതുപോലെയായിരിക്കും ഈ കാണുന്ന പ്രപഞ്ചം ഇതിനും ഒരു കാലത്ത് സുഹൃപ്തി പോലെ ഒരു ലയം ഉണ്ടായിരിക്കണം അവിടെ ഇതൊന്നും സുഹൃത്തയില് ഒന്നും അനുഭവപ്പെടുന്നില്ലെങ്കിലും ഉണർന്നു വരുന്നവൻ അവിടെയുണ്ട് അവനെ നമ്മൾ ഉറങ്ങുന്നവനെന്ന് പറയും ഉണർന്നു വരുന്നവൻ അവിടെ ഉറങ്ങും അവൻ രസിച്ചില്ല അവൻ അവിടെയുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ വിജയിച്ചു പോയാൽ ഒന്നും പ്രകടമാകാതിരുന്നാലും പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നവനവിടെ എന്താണ് പരമേശ്വരൻ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ പരമമായ ഐശ്വര്യമുള്ളവൻ ഐശ്വര്യം എന്താണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്തിന്റെ പ്രപഞ്ചത്തിൽ മൊത്തം സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യാൻ കഴിവുള്ളവൻ സർവരഹസറിയാവുന്നവൻ അങ്ങനെ പല പല പല സാധാരണ ജീവന്മാർഗം ഇല്ലാത്ത പല പല പല ശേഷികളുടെ ആളാണ് സർവജ്ഞ ആണ് ഐശ്വര്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആ പരമേശ്വരൻ മ്മളെങ്ങനെയാണോ ഉറങ്ങുന്നത് അതുപോലെ ഒരു പ്രവൃത്തിയില്ല ഒന്നിനെ അറിയാതെ അറിയുന്ന ഉറങ്ങുന്നത് അതുപോലെ ഈശ്വരന്റെ ഒരു ഉറക്കമാണ് പല ഉറങ്ങുന്നത് പോലെ എന്നുള്ളത് സുഖമായി ഉറങ്ങി അറിയുന്നുണ്ട് ഞാൻ എന്ത അനുഭവം ആരുടെ അനുഭവം എപ്പോഴത്തെ അനുഭവം അനുഭവമാണെന്ന് പറഞ്ഞാല് പറഞ്ഞാൽ എന്താ വ്യത്യാസം അനുഭവം ഉറക്കത്തിലെ അനുഭവം അത് മറ്റൊരു വിഷയം നമ്മുടെ ഈ വിഷയത്തിൽ മാറിപ്പോ അതിന്റെ സന്ദർഭം ഉറക്കത്തിലേ പോലെ ഉറക്കത്തിനെ പോലെ കുറഞ്ഞ ഇത്രയുള്ള അവിടെ ഒന്നും അനുഭവിക്കാതിരിക്കുന്ന അവസ്ഥ നാമരൂപങ്ങളൊന്നും പ്രകടമാകാതിരിക്കുന്ന അവസ്ഥ അനുഭവിക്കുന്ന ആരും ഇല്ലാതിരിക്കുന്ന അവസ്ഥ എന്നാ ഉറങ്ങുന്നത് അതുപോലെ ഒരവസ്ഥ എന്ന് മനുഷ്യൻ ഭാവന ചെയ്യുന്നതാണ് പറയുന്നത് സൃഷ്ടിയും പ്രളയവും സൃഷ്ടിയെന്നും പ്രളയം എന്ന് പറയുന്നതാണ് ം ഉണർവും അതുപോലെ ദൈനംദിനത്തിന്റെ ജീവിതത്തിൽ ഈ അനുഭവം കണ്ടിട്ട് ഈ ഉറക്കത്തിന് ദൈനംദിന പ്രളയം എന്ന് പറയുന്നു എന്ന് സംഭവിക്കുന്ന പ്രളയം ഉറക്കമെന്ന് പറയുന്നു നമ്മൾ സ്വാഭാവികമായിട്ട് രാത്രി ഉറക്കം അങ്ങനെ ചിന്തിക്കും അങ്ങനെ ചിന്തിക്കരുത് ഉറക്കം എന്ന് പറയുന്ന ഏത് സമയത്തൊന്നും പിന്നെ രാത്രി പകരുന്നില്ല എപ്പോ ഉറങ്ങുന്നു അത് പ്രളയം എപ്പോ ഉണരുന്നു ഉണർന്നിരുന്നോ അത് സൃഷ്ടി ഇത്രയും മനസ്സിലാക്കി അതിനാണ് ഉദാഹരണം ബാക്കി സൃഷ്ടിയെ കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ തല്ല ഇത് കണ്ടിട്ട് ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ കൂടെ കടന്നു പോകുന്നത് മനുഷ്യൻ ഊഹിച്ചേണത് ഈ പ്രപഞ്ചത്തിനും അതുപോലെ ഒരു പ്രളയം ഉണ്ടായിരിക്കും സൃഷ്ടി ഉണ്ടായി ഇപ്പൊ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടി പറയുന്നത് വർത്തമാന കൽപ്പം ഇപ്പോഴുള്ള കൽപ്പം ഇപ്പൊ നമ്മൾ ഉറങ്ങിയിരുന്നു നമുക്ക് ഉറങ്ങിയേ പറ്റും അപ്പൊ നമ്മളങ്ങ് ഉറങ്ങും അതുപോലെ ഈ സൃഷ്ടിക്ക് വേറെ ലയം വരും വെള്ളപ്പൊക്കമായിട്ടൊന്നും ബന്ധപ്പെടുത്തി ചിന്തിച്ചാളി അതൊന്നും യാതൊരു കാര്യം ഇനിയ ഒരു ലയം എല്ലാം ലയിച്ചു സൃഷ്ടിക്ക് ശേഷം ഈ സൃഷ്ടിക്കു മുമ്പ് ലയിച്ചിരുന്ന അവസ്ഥയാണ് എന്തുകൊണ്ട് അനന്ത സൃഷ്ടി ഉണ്ടായിരുന്നു പഴയ ഒരു കല്പം ലയിച്ചാണെന്നുമ്പോ പ്രളയമുണ്ടായിരുന്നു ആ കല്പത്തിനു മുമ്പോ അപ്പോഴും ഒരു പ്രളയം ഉണ്ടായിരുന്നു അതിന് സൃഷ്ടി ഉണ്ടായിരുന്നു അപ്പൊ സൃഷ്ടി പ്രളയം സൃഷ്ടി പ്രളയം ഇങ്ങനെ ഇത് അനാദിയായി ഓടിക്കൊണ്ടിരിക്കുന്നു തുടക്കമില്ലാ പറയുന്നു തുടക്കമില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം അതുകൊണ്ടാണ് അഗ്രേ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് മുമ്പെന്ന് എടുക്കരുത് ഇതിന് എന്തെടുക്കണം പ്രളയകാലം തെറ്റിപ്പോ സൃഷ്ടിക്ക് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിക്ക് തുടക്കമുണ്ടെന്ന് അതടുത്ത പദ്യത്തിൽ വളരെ വ്യക്തമായി പറയും ഞാൻ നോക്കില്ല ഞാൻ നോക്കിയില്ല ഇത് രണ്ടും നോക്കില്ല മുമ്പ് നോക്കിയിട്ടുണ്ട് ഇന്ന് നോക്കിയില്ല ഉണ്ട് അവസവും ോക്കില്ല അങ്ങനെ ആയിരിക്കും പ്രളയത്തിനുണ്ടോ പറയുന്ന ഒന്ന് കേന്ദ്ര പറയുന്ന ഇങ്ങനെയൊക്കെ പറയാനെ പിന്നെ ബാലകൃഷ്ണനാണ് സാർ പറയുന്നത് ആളൊക്കെ അവസ്ഥ എന്തായാലും സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറഞ്ഞാലോ ദോഷം എന്താണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ എന്താ ദോഷം എന്തുകൊണ്ടും സൃഷ്ടിക്ക് തുടക്കമുണ്ടല്ലോ അദ്വൈതികൾ സൃഷ്ടി എങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അനാദിയാണ് സൃഷ്ടിക്ക് മുമ്പ് അങ്ങനൊന്നില്ല ആധുനിക ശാസ്ത്രത്തിൽ ഇന്നത്തെ മോഡേൺ ഫിസിക്സ് അവർ പറയുന്നു അങ്ങനെയാണ് എന്താണ് അനാദി എന്ന് പറയാൻ പറ്റില്ല സൃഷ്ടിയെ പിന്നെയോ സൃഷ്ടിക്കൊരു തുടക്കമുണ്ട് എന്ന് പറയുന്ന സൃഷ്ടിക്ക് തുടക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇങ്ങനെ തുടങ്ങി അനങ്ങും ബന്ധം എന്നതറിയില്ല ഇതാണ് ആധുനിക ശാസ്ത്രത്തിന് നിലപാട് ആ സൃഷ്ടിയിൽ തുടക്കത്തെ കുറിച്ചവർ പറയുന്നത് എന്താണ് ഇനിഷ്യൽ സിങ്കുലാരിറ്റി രാവിലെ വെള്ളം അടിച്ചോണ്ടിരിക്കയാണ് ഇനിഷ്യൽ സിംഗുലാരി ശബ്ദമില്ല ഇതിന് ശബ്ദമില്ലേ ഇപ്പൊ കേട്ടിട്ടില്ലേ സകൾ കൂടെ ആണെങ്കിൽ പ്രത്യേകിച്ച് നോക്കും ശകടം കൂടെ ശംഖ വിളിക്കരുത് ശംഖ വിളിക്കാതെ ശകം കൂടെ ഇതിലോട്ട് വന്നടിക്ക എന്റെ മോണ്ട വീണു അങ്ങോട്ടാ കേൾക്കാത്തോണ്ടല്ല നമ്മള് കേൾക്കാത്ത ഒരു പാക്ക് ഇംഗ്ലീഷിലൂടെ കേൾക്കുമ്പോഴത്തേക്കും അതിന്റെ പ്രശ്നം അങ്ങനെ കേട്ടിട്ടില്ല കേൾക്കാത്ത ഒരു പുതിയ വാക്ക് കേൾക്കുമ്പോ പ്രശ്നമുണ്ടാവും അത് പതവണ് കേട്ടും പ്രശ്നമുണ്ട് മലയാളം കേൾക്കാവുന്നതുണ്ടല്ല മലയാളം എന്താണ് പ്രപഞ്ചത്തിന്റെ തുടക്കം കാര്യം പറയുന്നത് ഇനിഷ്യൽ സിംഗ് അത് എങ്ങനെയാണെന്ന് സയൻസിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ സൃഷ്ടിക്ക് ആരംഭമുണ്ട് ആരംഭത്തിന് പറയുന്നത് അതും സ്വീകരിക്കാൻ പറ്റും പിന്നെ അതുകൊണ്ട് തന്നെ അനുബന്ധമാണ് അതും പറയും ഒന്ന് സയൻസിനും സ്വീകരിക്കാൻ പറ്റും അപ്പോ ഇതേ പ്രശ്നം തന്നെയാണ് അദ്വൈതത്വം പറയുന്നത് സൃഷ്ടി സൃഷ്ടിക്കു മുമ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിരവധി ചോദ്യങ്ങളും ഞാൻ സൃഷ്ടിക്കു മുമ്പ് അഗ്രേ എന്ന് പറയാൻ സൃഷ്ടിക്കു മുമ്പെന്ന് പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ അപ്പൊ സൃഷ്ടിക്കും മുമ്പ് എന്തായിരുന്നു അവിടെ പറയാം നിർഗുണപരബ്രഹ്മം അതിൽ നിന്നും സൃഷ്ടി ഉണ്ടാവും പക്ഷെ നിർഗുണ പരബ്രഹ്മത്തിൽ നിന്നെതിനാ ഈ പ്രപഞ്ചുണ്ടാവും എല്ലാം നിർഗുണ പരബ്രഹ്മെ സൃഷ്ടിച്ചത് പരമേശ്വരൻ സകുളനായ ഈശ്വരനാണ് ചേർത്തിട്ട് എനിക്ക് സകുളനായും നിർഗുണത്തിൽ നിന്ന് വീണ്ടും പ്രശ്നം നിർമുണത്തിൽ നിന്ന് എല്ലാം ഉണ്ടാകാൻ പാടില്ല നിർഗുണത്തിൽ നിന്ന് സകുളനായുള്ള പ്രശ്നമാണ് മായ എന്ന് പറയുന്ന ഉപാധി കൊണ്ട് നിർഗുണത്തിൽ നിന്ന് സകുളനായ ഒരുപാട് കുട്ടികളിനെ ഈ പ്രശ്നം വന്നു കുറച്ചാല് പ്രശ്നം അങ്ങനെ അത്രയ്ക്കുള്ള കപ്പാസിറ്റി ഉണ്ട് അതെടുത്ത അതിന് അതിന്റെ ആംപ്ലിഫയറിന്റെ ശേഷി അത്രയുണ്ട് അതുകൊണ്ടാണ് മഴയും ഇതുമായിട്ടൊന്നും ബന്ധമില്ല അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നതിന്റെ പ്രശ്നമാണത് അതിനുള്ള ശേഷി ഇല്ല കൂടുതൽ വിഷയം മഴയൊരു ബന്ധമുണ്ട് മഴയില്ലെങ്കിലും ഇങ്ങനെ ആണെന്ന് കുറച്ചുകൂടി പവറുള്ള പേര് ആ അത് പറഞ്ഞില്ലായിരുന്നു അത്രയ്ക്കുള്ള ശേഷിയോ അപ്പൊ എങ്ങനെ മായ മായ ഉപാധികളോട് ഈശ്വരനുണ്ടായി നിർബന്ധമായ ബ്രഹ്മജ് എങ്ങനെ മായ ഉണ്ടായി ഒരു ചോദ്യത്തെ തുടർന്ന് മറ്റൊരു ചോദ്യം ചോദ്യം ചോദ്യം അതിനുത്തരം പറയും അനുത്തരം പറയാൻ കഴിയില്ല ത്രികുണത്തിൽ നിന്ന് രണ്ടാമത് ഏതെങ്കിലും തരത്തിലുണ്ടായി എന്ന് പറയാൻ എല്ലാർക്കും കഴിയും സ്വീകരിച്ച അപ്പൊ എന്ത് പറയേണ്ടി വരും അതാറിയില്ല ആധുനിക ഭൗതികം പറയുന്നതു പറയേണ്ടി വരുന്നത് മായ ഉണ്ടായി എങ്ങനെ ഉണ്ടായിന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നു അത് അസത്യമാണെങ്കിലും അസത്യമായിട്ട് ഉണ്ടായാലേ പറ്റും ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ ഇല്ല അസത്യമായിക്കോട്ടെ അസത്യമായി ഇതൊക്കെ ഉണ്ടാവട്ടെ അവിടെ ചെലപ്പോ പറയേണ്ടിവരും അറിഞ്ഞൂടാ ദ്വീതിക്കും പറയേണ്ടി വരും ഭൗതികം പറയുന്നു തുടക്കം എങ്ങനെയെന്നറിയില്ല തുടക്കത്തിന് മുമ്പ് എന്തായിരുന്നു പറയാൻ പറ്റില്ല അവിടെ ദേശ ഒരു വിഷയങ്ങളെ കുറിച്ചും ഊർജം ഒന്നിനെ കുറിച്ചും പറയാൻ പറ്റില്ല അതുകൊണ്ട് അറിയാത്തത് കൊണ്ട് എന്തിനും ആധുനിക ഭൗതികം പറയും ഞങ്ങൾക്കറിയില്ല പഠിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അദ്വൈതിക്ക് പറയാൻ പറ്റുമോ ഈ സൃഷ്ടിക്കു മുമ്പ് ഈ സൃഷ്ടിക്ക് മുമ്പ് ഞങ്ങൾക്ക് മായ എങ്ങനെയുണ്ടായെന്നറിയില്ല ഈശ്വരൻ എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല സൃഷ്ടിക്കെന്താണ് കാരണമെന്നറിയില്ല എന്നൊക്കെ അദ്വൈതിക്ക് പറയാൻ പറ്റുമോ എന്തുകൊണ്ട് എന്തുകൊണ്ട് പറയാൻ പറ്റൂല തല വർക്ക് ചെയ്യുന്നില്ല അദ്വേദിക്ക് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല എന്താണോ അങ്ങനെ അങ്ങനൊന്നും പറഞ്ഞാ പറ്റൂ ശരിയായ ഉത്തരം പറയണം ആ അവര് സർവജ്ഞന്മാരാണ് അദ്വൈതികളെന്ന് പറയുന്ന ഒരു സർവജ്ഞന്മാരാണ് അവർക്ക് അറിഞ്ഞുകൂടാതെ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പോയിദ്വൈതികളെന്ന് പറഞ്ഞാൽ എന്താണോ ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിഞ്ഞതാകുന്നവരാണ് അദ്വൈതികൾ അപ്പൊ അവരെല്ലാം അറിഞ്ഞവരാണ് സർവജ്ഞന്മാരാണ് അപ്പൊ അവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല നടക്കേണ്ടത് അദ്വൈതിക്ക് അറിയില്ല വാക്ക് മാത്രം അദ്വീതിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് അവരെന്ത് പറയും ഒരു വഴിയോ ഞങ്ങൾക്കറിയാം എന്തറിയാം എന്തറിയാം സൃഷ്ടിക്കും മുമ്പ് അങ്ങനെ ഒന്നും ഒരു ഏർപ്പാടേ ഇല്ല നിങ്ങൾ അതിനൊരു ചിന്തിക്കേണ്ട പിന്നെ ഇതെല്ലാം എന്താണ് ഇതെല്ലാം അനാദിയാണോ പുതിയ ശാസ്ത്രജ്ഞനും ഇങ്ങനെ ഒരു നിലപാട് പഴയ കാലത്തുണ്ടായിരുന്നു ശാസ്ത്രജ്ഞന്മാര് വിശ്വസിച്ചിരുന്നു അതിനുവേണ്ടി പലരും വാദിച്ചു അത് വളരെ പ്രധാനപ്പെട്ടവരാണ് സയന്റിസ്റ്റ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറയും ഇന്നത്തെ പ്രപഞ്ചം പണ്ട് പോലെ ഇങ്ങനെ തന്നെയാണ് അത് തുടക്കമുണ്ട് തുടക്കമില്ല പക്ഷെ ഇതെല്ലാം ഞാൻ മാർഗോണ്ടിരിക്കും തുടക്കം പറയുന്നു പ്രണാമൊക്കെ സംഭവിക്കും ഇങ്ങനെ മിക്ക തന്നെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് അനാദി എന്ന് പറയുന്നത് എന്താ വിചിത്രവാദം ഇതെ പറയും ഒരു കാലഘട്ടത്തിൽ ഒന്നും സംഭവിച്ചില്ല ഇടയ്ക്ക് സംഭവിച്ചില്ല എന്നാണ് അദ്വൈനിയും പറയും ഒന്നും സംഭവിക്കാതിരിക്കുന്നതിനാണ് പ്രളയം എന്തെങ്കിലും സംഭവിക്കുന്നതിനാണ് സൃഷ്ടി എന്ന് പറയും ഇതുപോലെ അവരും പറഞ്ഞു അതുകഴിഞ്ഞു ജോർജ് ലമട്രെ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ പുരോഹിതൻ അതെയാണ് അതിനെ ഇപ്പോഴത്തെ സിദ്ധാന്തത്തിന്റെ തുടക്കക്കാരൻ വിജ്ഞാൻ തിയറിയുടെ തുടക്കക്കാരനാണ് ജോർജ് ക്രിസ്തീയ പുരോഹിതനായിരുന്നു അറിയപ്പെടുന്ന സയന്റിസ്റ്റും മാത്തമറ്റീഷ്യനും പേര് എന്ത് പറഞ്ഞങ്ങനെ അല്ല ഇതിനൊരു തുടക്കമുണ്ട് ആ തുടക്കത്താണ് ഞാൻ പറഞ്ഞ മീൻഷ്യൽ സംഗീത വരുത്തി അപ്പൊരുടെ കൊടുത്തിരിക്കുന്നത് എന്നാണ് ഒരു തരത്തിൽ വിശദീകരിക്കാൻ പറ്റും അതിന് മുമ്പുള്ളതോ അതും ഒന്നും പറയാൻ പറ്റില്ല അതിന് മുമ്പുള്ള പറയാൻ പറ്റില്ല അപ്പോൾ പ്രപഞ്ചത്തിന് തുടക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ പണ്ടും പ്രശ്നമാണ് ഇന്നും പ്രശ്നമാണ് ഇന്നത്തെ പ്രശ്നം എന്താണ് എന്താണ് ഇന്നത്തെ പ്രശ്നം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കറിയില്ല എന്നുള്ളത് അംഗീകരിക്കും തുടക്കമുണ്ട് പക്ഷെ അനുകൂല കാര്യമൊന്നും അറിയില്ല ഇപ്പൊ സയൻസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സർവജ്ഞന്മാരില്ല ആരും സർവജ്ഞന്മാരില്ല കൊണ്ട് അവർക്ക് അറിവില്ലായ്മ അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുന്നു ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നതിന് അവർക്ക് ലജ്ജയില്ല പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് അവർ പറയും ഞങ്ങൾക്കറിയില്ല പഠിച്ചുകൊണ്ടിരിക്കുന്നു പറയാം സർവജ്ഞത്വം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല ആക്ഷേപമൊന്നുമില്ല അറിവിനെ മാറ്റിപ്പറയുന്നതിന് അവർക്ക് നാണക്കേടുന്നുണ്ട് ഇന്ന് ഇങ്ങനെ മനസ്സിലാക്കി നാളെ ഇതല്ല വേറെ നാളെ മനസ്സിലാക്കുമെങ്കിൽ അങ്ങനെ പറയാം എന്നാണ് പക്ഷെ അദ്വൈതി കേൾക്കുക അല്ലെങ്കിൽ നമ്മുടെ പഴയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എന്താണ് അവർ സർവജ്ഞന്മാരാണ് അതുകൊണ്ട് അവർക്ക് അറിവില്ലായ്മയെ സമ്മതിക്കാൻ പറ്റില്ല ഒരിക്കലും പറഞ്ഞതിന് മാറ്റി പറയാനും പറ്റത്തില്ല പറഞ്ഞാൽ പറഞ്ഞതാണ് രണ്ടു പ്രശ്നമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു സൃഷ്ടിക്ക് തുടക്കമുണ്ടെന്നുള്ള പറയുന്നത് ലോകത്തിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൃഷ്ടിയുടെ മറ്റൊരവസ്ഥയാണ് ലയാവസ്ഥ ദയാവസ്ഥ അതിനു മുമ്പൊരു സൃഷ്ടി ഉണ്ടായിരുന്നു എന്നു തുടക്കത്തിനാണ് ആദ്യം എന്ന് പറഞ്ഞാൽ തുടക്കം അനാദി എന്ന് പറഞ്ഞ തുടക്കമില്ല എന്നാ അപ്പോ അറിവില്ലായ്മ എന്ന് പറയുന്ന അത് ഒഴിവാക്കാം നിനക്കറിയില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല അനാദിയാണ് തുടക്കം പിന്നെ അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു എവിടെ ചെല്ലാളും അറിവില്ലായ്മയെ തന്നെ എന്ന് കാണും അത് മറ്റൊരു കാര്യമാണ് ഏതെങ്കിലും ഒരു പ്രതിഭാസത്തെ നമ്മൾ വിശദീകരിക്കുകയും എന്നാൽ എവിടെയെങ്കിലും നമുക്ക് വിശദീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ അറിവില്ലായ്മയാണ് കൊമ്പിടി കൊമ്പിടിയെ കാണാനുണ്ടാക്കും കൊമ്പിടിയെ അപ്രത്യക്ഷ ഞാൻ കണ്ണൂർ നോക്കിയ അപ്പോൾ എന്ത് പറയേണ്ടി വരും സൃഷ്ടിക്ക് ഇത് പ്രത്യേകം മനസ്സിലാകണം വേഗതാക്കൾ എങ്ങനെ എഴുതിയിട്ടുള്ളെനിക്കറിയില്ല അല്ലാതെ സൃഷ്ടിക്കും മുമ്പ് അങ്ങനെ ഒരു സംഭവം അദ്വൈതത്തിലില്ല അനാദി അതേ ഉള്ളൂ ഒരു പലയിടത്തും പറഞ്ഞിട്ടുണ്ട് നിന്ന് പുറന്ന് മാറിടുന്നു എത്രയോ അദ്വൈതകൾക്ക് അങ്ങനെ പറയാൻ പറ്റും അതുകൊണ്ട് ഈ ഒരുപാട് ചോദ്യങ്ങൾ നിന്ന് അദ്വൈതീർക്ക് രക്ഷപ്പെടാൻ പറ്റും മായ എങ്ങനെ ഉണ്ടായി എന്താ കാരണം അതൊക്കെ ചോദിക്കുന്നു നിർഗുണത്തിൽ ഇങ്ങനെ ഈശ്വരം പോലും അപ്പോ എന്താണ് അഗ്രു പറഞ്ഞാൽ ഈ സൃഷ്ടിക്ക് മുമ്പുള്ള പ്രളയകാലത്തിൽ മുമ്പെന്ന് പറയാം പക്ഷെ പറഞ്ഞു ഈ സൃഷ്ടിക്ക് മുമ്പുള്ള പ്രളയകാലത്ത് വെറുതെ സൃഷ്ടിക്ക് മുമ്പെന്ന് പറയണു സൃഷ്ടിക്ക് മുമ്പുള്ള പ്രളയകാലത്ത് എന്ന് പറയണം ാണ് അഗ്രിതം ഭനം ഈ ലോകം അസത് ഏവ ആസീ അസത്ത് തന്നെയായിരുന്നു അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നടത്തി പറയും എന്താണ് അത് വാസനാമയമായിരുന്നു വാസനാരൂപത്തിലിരുന്നു വാസന എന്ന് പറഞ്ഞാൽ സംസ്കാരം പ്രപഞ്ചം സംസ്കാര രൂപത്തിലിരുന്നു ൗനിക ശാസ്ത്രത്തിൽ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്ന അടിസ്ഥാനപരമായ രണ്ട് രൂപത്തിലാണ് ഒന്നെന്താണ് ഊർജം മറ്റൊന്ന് പദാർത്ഥം ഊർജം പദാർത്ഥം ഈ രണ്ട് രൂപത്തിലാണ് പ്രതിരോട്ട് ഏത് ഏത് ഏതുവരെ പോയാലും ചെയ്യും ഊർജമായിട്ട് മനസ്സിലാക്കും പദാർത്ഥമായിട്ട് മനസ്സിലാക്കും ഇപ്പൊ ഈ കസേര ഇത് നമുക്ക് പദാർത്ഥമായും മനസ്സിലാക്കാം ഇതിനെ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഊർജമായിട്ട് മനസിലാക്കാം ഉം ഉം ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഇത് നമ്മുടെ ഈ കസാര എന്ന് പറയുന്നത് മാറിയല്ല കുമ്പിളിയെ പോലെ അങ്ങനെ മാറുന്നതല്ല പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു തന്ന അന്വേഷിച്ചു തന്നുകഴിഞ്ഞാൽ എന്തായി നമുക്ക് ഇതിനെ മനസ്സിലാക്കാം ഇത് ഊർജമാണെന്ന് മനസ്സിലാക്കാം അതിനാണ് സ്റ്റാൻഡേർഡ് മോഡലെന്ന് പറയുന്നത് ഫിസിക്സ് സ്റ്റാൻഡേർഡ് മോഡൽ അടിസ്ഥാനം എന്ന് പറയുന്ന ഇതിന് ഊർജ പണങ്ങളായി മനുഷ്യൻ മനസ്സിലാക്കണം അത് ഭാവനയല്ല വിത്ത് എവിഡൻസ് തെളിവ് സഹിതം അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് മനുഷ്യൻ പരീക്ഷണങ്ങൾ നടത്തി ഇതിന് ഊർജമാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള അത് പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് ഒരു വസ്തുമാനം കൊണ്ടേ ഇരിക്കുന്നു ഇത് കത്തിച്ച പ്രശ്നവും അതൊക്കെ അത് അങ്ങനെയാണല്ലോ ഇതെല്ലാം എന്തെയ്യുന്നു ഒരു കാലത്ത് ഭൂമി എന്ന് പറയുന്നത് ഉരുകി തിളച്ച് മറിയുന്ന ലാഭയായിരുന്നു പിന്നെ കേവലം കുറച്ച് മൂലകങ്ങൾ മാത്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ അതിനു മുമ്പൊരു എന്താണ് കേവലം ഊർജ്ജം മാത്രമല്ല വെറും ഊർജം ഊർജമാണ് ക്രമേണ പലതരത്തിലുള്ള കണികകളായി രൂപപ്പെടുന്നത് ആ കണികകൾ ക്രമേണ മാറി മാറി ഗാലക്സികളായി ഗ്രഹങ്ങളായി നക്ഷത്രങ്ങളായി അങ്ങനെ ഭൂമിയായി ആ ഭൂമിയാവുമ്പോഴും അത് ഒരു ദ്രവമാണ് പിന്നെ അത് തണുത്തുറങ്ങി പലതായി മാറും പിന്നെ അവിടെ വെള്ളം വന്നു ഭൂമി പോലെയല്ല സീരലെന്ന് പറയുന്നത് അതിന്റെ ഭാവിയെ കുറിച്ച് പലതരത്തിലൊക്കെയാണ് പ്രഡിക്ഷൻ നടത്തുന്നത് അത് എന്താണ് അത് വികസിച്ച് വികസിച്ച് വികസിച്ച് ഭൂമി അതിന്റെ ഉള്ളിലായി പോകുന്നു എല്ലാം എന്താണിപ്പോ അവസാനം ഇപ്പോഴത്തെ ഇതനുസരിച്ച് എന്താ ഒരു കാലത്തൊരു ബ്ലാക്ക് ഹോളാണ് അതിനെ വിശദീകരിക്കാൻ ഇന്ന് സയൻസിന് കഴിയുന്ന അതറിയാത്ത കാര്യമാണ് അവിടെയും സിംഗുലാരിറ്റിയാണ് സിംഗുലാരിറ്റി നമ്മൾ വിശദീകരിക്കുന്നു ബ്ലാക്ക് ഹോളായി മാറും എന്നുവെച്ചാൽ സമയം ടൈം എന്ന് പറയുന്ന സീറോയ്ക്ക് എടുത്തു ഇന്നത്തെ പോലെ മിനിറ്റ് മണിക്കൂർ ഇതൊന്നും പിന്നെ അവിടെ കാണപ്പെടില്ല എന്നെല്ലാം പറയുന്നത് കാൽക്കുലേഷനിലൂടെയാണ് അല്ലാതെ നിരീക്ഷിച്ചു പറയുന്ന കാൽക്കുലേഷനിലൂടെ പറയുന്നു ദേശം എന്ന് പറയുന്നു അതവിടെ ഇല്ലാതെ ഇന്നത്തെ ദേശം ഇല്ലാതെ അങ്ങനെയൊക്കെ ഒരു കാൽക്കുലേഷനിലൂടെ അവസാനം ഇതിങ്ങനെ ഹൗമൊക്കെയാണ് പറയുന്നത് ഇന്നത്തെ സയൻസ് നാളെ അത് മാർക്ക് മറ്റെന്ന് പറയുന്നെന്താണ് ഈ ഭൗതികങ്ങളെല്ലാം ദേശവാസേത എങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു അതാത് ഭൂതങ്ങളായി മാറുന്നു പഞ്ചഭൂതങ്ങളായി മാറുന്നു അത് അഞ്ച് ഭൂതങ്ങളേ ഉള്ളൂ നൂറിൽ കൂടുതൽ എനിമൻസ് ഒന്നും അത് അഞ്ച് ഭൂതങ്ങളേ ഉള്ളൂ അതിനെ കുറിച്ച് പഴയകാലത്ത് അറിയുവായിരുന്നു അപ്പൊ ഈ ഭൂതങ്ങൾ എല്ലാം എന്ത് ചെയ്യുന്നു ഇതെല്ലാം വിഘടിച്ച് ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം വിഘടിക്കും വിഘടിച്ചിട്ട് പഞ്ചഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങളായിട്ട് അത് വീണ്ടും വിഘടിച്ച് സൂക്ഷ്മഭൂതങ്ങളാണ് അത് വീണ്ടും മായാശക്തിയിലേക്ക് നമ്മ മായാശക്തി രൂപത്തിൽ അങ്ങനെ ബ്രഹ്മത്തിൽ ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ലാതെ മായാശക്തി അങ്ങനെയാണ് പ്രളയം പറയുന്നത് കാരണം ഭൂതമുണ്ട് മായാശക്തിയാണ് കാരണം അപ്പൊ അവിടെ വാസനാരൂപത്തിൽ സംസ്കാര രൂപത്തിൽ കാരണം ഭൂതം അങ്ങനെ ഒരു മൂന്ന രണ്ടു തരത്തിലുള്ള എന്തൊക്കെ സ്ഥൂടവും സൂക്ഷ്മവും കാരണമെന്ന് പറഞ്ഞ് ഈ മായാശക്തി മായ എന്നോ അവിദ്യ എന്നൊക്കെ പറയും ഇതെല്ലാം എന്താണോ ഈ പറയുന്നതൊക്കെ പഴയ സിദ്ധാന്തങ്ങൾ പഴയ സിദ്ധാന്തങ്ങളാണ് ഗ്രഹണം ധാരണം ഓഹം അപ്പോഹം അഭിനിവേശം അർത്ഥക്രിയ ഇങ്ങനെ പോകുന്ന ഒരു പ്രക്രിയയുണ്ട് ശരിക്കും ഇപ്പഴയകാലത്ത് ചിന്താരീതിയാണ് ചിന്തി ചെയ്ത് ചേന്ത് ചിന്തിച്ച് പഴയകാലത്ത് ഒരു ഇതുപോലെ നാം പറയുന്നു എനിക്ക് കാര്യങ്ങളെല്ലാം പറയുന്നതിന് എന്ത് മതി ഞാനീ പറയുന്നതിന് എന്ത് മതി ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതിന് എന്ത് തിരിച്ചേറുമ്പോരുന്നാ മതി വേണോ പറഞ്ഞു വേറെ ഒന്നും വേണ്ട അങ്ങനെ ഇരുന്ന എന്ത് ചെയ്യുന്നു ചിന്തിച്ചു ചിന്തിച്ച് ചിന്തിക്കുക എന്ന് വെച്ചാൽ നിസ്സാര കാര്യമില്ല അതിൽ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കണ്ടെത്തണം സംശയങ്ങൾ വരും സമാധാനം കണ്ടെത്തണം വലിയൊരു പണിയാണത് എല്ലാവർക്കും പറ്റിയ കാര്യമില്ല അത് പക്ഷെ ചൂട് പിടിച്ച ചിന്ത എന്ന് പറയാൻ തപത്തപസ് ചിന്തയാണ് തപത്തിന്തിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഓരോരോ സിദ്ധാന്തങ്ങൾ പഴയ കാലത്ത് ഉണ്ടാക്കി എടുക്കുകയാണ് അങ്ങനെ വേറെ കണ്ണു തുറന്നു നോക്കേണ്ട കാര്യമാണ് പരീക്ഷണ നിരീക്ഷണത്തിൻ്റെ ആവശ്യമാണ് എല്ലാം ചിന്തയിലൂടെ കണ്ട അവിടെ അവർ പ്രധാനമായും ആശ്രയിക്കുന്ന യുക്തികളാണ് പ്രപഞ്ചത്തെ കുറിച്ചുള്ള പ്രാഥമികമായ വിവരങ്ങളിൽ ആശ്രയിച്ചുള്ള യുക്തികൾ മനസ്സിലാക്കാം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ പ്രാഥമിക വിവരം എന്ന് പറയുന്നതാണ് പഞ്ചഭൂതം ഇതൊക്കെ പ്രാഥമിക വിവരം എലിമെന്റ്സ് ആ തരത്തിലൊക്കെ ഒന്നും പോയിട്ടില്ല ആ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള യുക്തി വിചാരം വെർബൽ ലോജിക്സ് എന്ന് പറയുന്നു ആ യുക്തി വിചാരത്തിലൂടെ ചെയ്യുന്നു ഓരോ സിദ്ധാന്തങ്ങളിൽ കത്തിച്ചേരും എന്നതാണ് ഈ പറയുന്നത് വിശദീകരിക്കുന്ന മുഴുവൻ ഒരുപാട് പണിയെടുത്തിട്ടാണ് നിസ്സാര കാര്യം അന്ന് അവർക്കൊക്കെ എത്രമാത്രം പണിയെടുക്കാമോ അത്രയും അവർ ബുദ്ധിപരമായി പണിയെടുത്തിട്ടുണ്ട് ഒരുപാട് സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പൊ അങ്ങനെ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുമ്പോ അത് യുക്തിക്ക് നിറങ്ങണമല്ലോ അതുകൊണ്ട് സൃഷ്ടിക്ക് മുമ്പെന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് മുമ്പുള്ള പ്രളയകാലത്തിൽ അത് പറയുന്നുണ്ട് എന്താ ഗുണം അവിടെ പറയുന്നത് വാസനമായ സംസ്കാര രൂപത്തിൽ ഇതെല്ലാം അവിടെ ഉണ്ടായി ഈ രൂപത്തിലെന്ത് ചെയ്തു ഇതെല്ലാം ഈ അങ്ങനെ സംസ്കാര രൂപത്തിൽ ഇരുന്നിട്ട് ്രഹ്മമായി തന്നെ ഇരുന്നിട്ട് ഈ രൂപത്തിലാകുന്നതിനാണ് അദ്വൈതികൾ എന്ത് പേരിട്ട് പറയും സത്കാവാദം സത്കാരിവാദം മനസ്സിലായ സത്കാരി എന്ന് പറഞ്ഞാ എന്താ എൻ്റെ അർത്ഥം പലവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് അങ്ങനെ കേട്ടില്ല മുഴുവൻ പറ സെന്റൻസ് പൂർത്തിയാകും കേൾക്കുമെന്ന് നമുക്ക് തോന്നും എന്താണ് സത്കാരി കാര്യ സത്താണ് എന്ന് ഉള്ള വാദങ്ങളൊന്നും തോന്നും നമ്മള് ഡോക്ടർ ഭാസ്കരന്റെ വസ്തുവൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പൊളിക്കാതറിയില്ല അറിയാത്ത കാര്യങ്ങളിലൊക്കെ കയറി ആധികാരികമായി അഭിപ്രായം കാര്യസത്താണെന്നൊന്നുമല്ല സത്കാവാദികൾക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ പറ്റുമെന്നൊക്കെയാണ് ആൾ എഴുതി വെച്ചിരുന്നു ഇതിന്റെ ഏഴ് അയല തൂടി പോയിട്ടില്ല അതുകൊണ്ട് ഒരു ബന്ധമില്ലാത്തയാളാണ് സത്കാരികഴിഞ്ഞാൽ കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് സത്തായിരുന്നു എന്ന് പറയുന്നതാണ് സത്കാരികൾ ഇനി പലതവണ പറഞ്ഞാൽ ഇനി ചോദിക്കുമ്പോൾ വീണ്ടും ബ്ലബ്ലബ്ളാകുന്ന കാര്യം ഉണ്ടാകുന്നതിനുമ്പും എന്തായിരുന്നു സത്തായിരുന്നു ഇതാണ് സത്കാരികൾ ഇനിയും ചോദിക്കാനും പറയിക്കാനും ഇവിടെ വരുത്തുന്നത് കൊള്ളൂ അതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നേ ഒരുപാട് പറഞ്ഞിട്ടും കാര്യമുണ്ട് നാളെയും ചോദിക്കാം ഇപ്പൊ ഈ പറഞ്ഞു കഴിഞ്ഞാ അവിടെ എഴുതി വയ്ക്കും അത്രയല്ലേ കണ്ടു എഴുതി കഴിഞ്ഞാൽ നാളെ ചോദിച്ചു പറഞ്ഞു പറഞ്ഞു ഞാൻ പടുകളവനായി നല്ല കാര്യങ്ങളൊക്കെ ഒരു മാറ്റം കേട്ടോണ്ടിരുന്നവരും എന്തായാലും കളവന്മാരാണ് ഇത്രയും മാറ്റം സംഭവിച്ചിട്ടുണ്ട് പണ്ട് ഇവിടെ കേട്ടോണ്ടെന്നപ്പോ നരച്ച തലമുടിയൊക്കെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു പണ്ട് എനിക്കും ഇണ്ടായിരുന്നു നരച്ച തലമുടി അവസരം രോഗവും ഒന്നും ഇല്ലായിരുന്നു ഇതൊക്കെ എത്രവണ്ണം ഞാൻ ഒരേ കാര്യം നിന്ന് നേരുന്നിരുന്നു പറയുന്നു നിങ്ങൾക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇതങ്ങനെയൊന്നും എല്ലാ ദിവസവും ഒരേ എന്നും ഒരേ കാര്യം പറയും നിങ്ങൾ എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യം കേട്ടോണ്ടിരിക്കുന്നു മനസ്സതി പറയുന്ന വിഷയങ്ങളില് മനസ്സങ്ങോട്ട് വിഷയങ്ങളും മനസ്സിൽ ഉൾക്കൊള്ളണം അതാണ് പ്രശ്നം മനസ്സ് പല പല വിഷയങ്ങളിലും ഇങ്ങനെ ഇടപെടുന്നോണ്ടാണത് പറ്റാത്ത മനസ്സ് നീക്കി വേറെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാതെ മനസ്സിൽ ഇരുകാലേ നിക്കി ഏ ഇവിടെ മുറിയിൽ വെച്ചെടുക്കാം മുറിയിൽ വന്നാണ് ഇവിടെ ശബ്ദമാണ് ഏ മതിയോ പത്തുമണി കഴിഞ്ഞാൽ മതിയാ ദ്യാലയത്തിൽ ക്ലാസ് നടക്കട്ടെ ഇല്ലെങ്കിൽ പ്രമേഹ വിദ്യാലയം എന്ന് പറയുന്ന അർത്ഥമില്ലാതെ ഇല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച എനിക്കവിടെ ഇരുന്ന് എടുക്കുന്നു സ്വന്തം പത്തുമണി കഴിഞ്ഞ് ഉള്ളൂന്നു പറഞ്ഞു മനസ്സിലായിട്ട് പിന്നെന്താ അങ്ങനെ കുറിച്ച് ചിന്തിക്കുന്നു പത്തുമണി കഴിഞ്ഞ് കട്ടിയോ അപ്പൊ പത്തുമണി വരെ മൂന്ന് ക്ലാസ്സിലെന്താ എന്താ പറഞ്ഞത് അഗ്രന്നു പറഞ്ഞാൽ സൃഷ്ടിക്ക് മുമ്പുള്ള പ്രളയകാലം എന്ന് മനസ്സിലാവും എന്തുകൊണ്ട് സൃഷ്ടി അനാദിയാണ് കേവലം സൃഷ്ടിക്ക് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതത്തിൽ ശരിയാവില്ല അദ്വൈതത്തിൽ എന്താണ് സൃഷ്ടി അനാദിയാണ് ഇത്രയും മനസ്സിലാവും ഓ